അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രയേൽ ഗ്രഹത്തോട് സംസാരിക്ക എന്ന് കൽപ്പിച്ചു ഞാൻ വായ് തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു എന്നോട് മനുഷ്യപുത്ര ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അത് തിന്നു അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര നീ ഇസ്രയേൽ ഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കാം അവ്യക്ത കനത്ത നാവുമുള്ള ജാതിയുടെ അടുക്കലല്ല ഇസ്രയേൽ ഗ്രഹത്തിന്റെ അടുക്കൽ നിന്നെ അയക്കുന്നത് അവ്യക്ത വാക്കും കനത്ത നാവുമുള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കൽ അല്ല അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു ഇസ്രായേൽ ഗ്രഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല എന്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ ഇസ്രയേൽ ഗ്രഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും എന്നാൽ ഞാൻ നിന്റെ മുഖം അവരുടെ മുഖത്തിനു നേരെ കഠിനവും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്കു നേരെ കടുപ്പവും ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ അക്കിയിരിക്കുന്നു അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കേമരുത് അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറക അപ്പോൾ ആത്മാവെന്നെ എടുത്തു യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിറകിൽ കേട്ടു ജീവികളുടെ ചിറക് തമ്മിൽ തട്ടുന്ന ഒച്ചയും അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ഇരച്ചിലും വലിയ മുഴക്കമുള്ളൊരു ശബ്ദവും ഞാൻ കേട്ടു ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി ഞാൻ വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി യഹോവയുടെ കൈ ശക്തിയോടെ എന്റെ മേൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കെബാർ നദീതീരത്ത് പാർത്ത തേൽ ആബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തയിടത്തു തന്നെ എത്തി അവരുടെ മധ്യെ ഏഴു ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു ഏഴു ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ എല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു അഥവാ നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും നീ അവനെ ഓർപ്പിക്കായി അവൻ തന്റെ പാപത്തിൽ മരിക്കും അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീതിമാൻ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ നീതിമാനെ ഓർപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യാതെ ഇരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കാൻ അവൻ ജീവിക്കും നീയും നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു യഹോവയുടെ കൈ അവിടെ പിന്നെയും എന്റെ വന്നു അവൻ എന്നോട് നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാം അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി ഞാൻ കെബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിണ്ണു വീണു അപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി എന്നോട് സംസാരിച്ചു നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കഥകടച്ച് പാർക്ക എന്നാൽ മനുഷ്യപുത്ര നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാത്തവണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കിട്ടും നീ ഊമനായി അവർക്ക് ശാസകനാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും അവർ മത്സരഗ്രഹമല്ലോ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായി തുറക്കും നീ അവരോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ അവർ മത്സരഗ്രഹമല്ലോ